ണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട് യേശു ബധാന്യയിൽ ഒരു വീട്ടിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം അടങ്ങിയ വെൺകൽപ്പരണി എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കാൽക്കൽ അത് പന്തിയിലിരിക്കുമ്പോൾ അവൻ്റെ വെൺകൽഭരണി എടുത്ത് അവൻ്റെ അടുക്കൽ വന്ന് അവൻ പന്തിയിലിരിക്കുമ്പോൾ അവൻ്റെ മേലെ പൂശുന്ന കാര്യമാണ് അവിടെ പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്ന ശിഷ്യന്മാർ അത് കണ്ടിട്ട് ഈ വെറും ചെലവ് എന്തിനാണ് എന്ന് പറയുന്നു യേശു അതറിഞ്ഞ ആ സ്ത്രീ ശിഷ്യന്മാരോട് പറയുന്നു സ്ത്രീയെ അസഹ്യപ്പെടുത്തണ്ട അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലയോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കലുണ്ട് അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ തുടർന്ന് പറയുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും ഈ ഭാഗം മൊത്തം എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഒൻപത് വരെയും നമുക്ക് വായിക്കാം അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ആദ്യം തുടക്കത്തിൽ തന്നെ ഈ ഭാഗം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റു സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് മറിയാണെന്നും അതുപോലെ തന്നെ ലാസറിൻ്റെ സഹോദരി അറിയാണെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ മൂന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ വളരെ വേഗത്തിലെ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം ഒന്നാമത് ഇവിടെ ഇതാ സ്ത്രീയെ ഈ കഥയുമായി ബന്ധപ്പെട്ട് വന്ന സ്ത്രീയെ മറിയാണെന്ന് യോഹന്നാൻ പറയുന്നു എങ്കിൽ മറിയ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ചിലര് വേറൊരു സുവിശേഷത്തിൽ പറഞ്ഞു ചില ശിഷ്യന്മാരാണ് അഭിപ്രായം പറഞ്ഞതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് ഇസ്കരിയോത യൂതയാണെന്ന് എടുത്ത് പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് കർത്താവ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു ഇങ്ങനെ ഒരു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറിയയുണ്ട് കണ്ടുനിന്ന് ചിലരുണ്ട് ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരിൽ തന്നെ ഇസ്കരിയോത് കാര്യം ചില സുശേഷകന്മാരെടുത്ത് പറയുന്നു കർത്താവായ യേശുക്രിസ്തു അതിന് നൽകുന്ന മറുപടി ഇങ്ങനെ ഒരു നാലഞ്ച് തലത്തിൽ ഈ കാര്യങ്ങളെ നമുക്ക് നാലഞ്ച് ആളുകളുടെ കാഴ്ചപ്പാടില് ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ എന്താ ഇവിടെ വന്ന് ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ കർത്താവിൻ്റെ മേലെ പരിമള പൂശുകയാണ് ഈ പരിമള തൈലം പൂശിയപ്പോ തുടർന്ന് പലരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു ആ പറയുന്നു ഈ വെറും ചെലവ് എന്തിനാണ് അവിടെ ഉണ്ടായിരുന്ന മർക്കോസിന്റെ സുവിശേഷം പതിനാലിന്റെ നാലിൽ അവിടെ ഉണ്ടായിരുന്ന ചിലർ തൈലത്തിന്റെ ഈ വെറുംചെലവെന്തിനാണ് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാച്ചിന് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്ന പറയുന്നു മത്തായി ഇരുപത്തി ആറിൻ്റെ എട്ടില് ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറുചെലവ് എന്തിന് ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ വരുമ്പോൾ അത് യൂതോ ഇസ്കരിയോത്താവണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് ഏർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് ദരിദ്രരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നത് എന്ന് യോഹൻ ഞാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവര് ഇതാണ് ഈ സംഭവത്തെ പല ആളുകൾ പല ആംഗിളിൽ നിന്ന് സമീപിക്കുന്നു കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് കർത്താവ് പറയുന്നു അവളെങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഇത് ഒരു വെറും ഞാൻ ഇതിനെ കാണുന്നത് മറിച്ച് ഇത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം യഥാർത്ഥ സുവിശേഷത്തോടുകൂടെ ഇത് എല്ലായിടത്തും പോകും പോകണം എന്ന കർത്താവ് അവിടെ പറയുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാമല്ലോ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ മറിയ ആദ്യം എടുത്തുകൊണ്ട് ഇരിശിലേയും ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഷിമിയോൻ എന്നൊരാള് ആ കുഞ്ഞിനെ കയ്യിൽ അന്നേ പറയുന്നുണ്ട് ഈ പൈതൽ എന്താ ഇവൻ അനേകരുടെ ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിനാണ് ഈ പൈതൽ എന്ന് പറയുന്നുണ്ട് ലൂക്കോസ് രണ്ടിൻ്റെ ഷിമിയോൻ ആ കുഞ്ഞിനെ കയ്യിലെന്തി പറയുന്നു അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിനും ഇസ്രായേലിൽ പലരുടെ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് എന്ന് യേശുവിനെക്കുറിച്ച് അന്നേ ഷിമയോൻ ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഇതാ കർത്താവിൻ്റെ കർത്താവിൻ്റെ മേൽ ഈ പരിമള പൂശുമ്പോൾ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ അനേകരുടെ ഹൃദയത്തിലെ വിചാരങ്ങള് വെളിപ്പെടുകയാണ് ചെയ്യുന്നത് ശിഷ്യന്മാ ചില പറയുന്നു മർക്കോസ് പതിനാല് നാലിൽ ചിലര് പറയുന്നു ഈ വെറും എന്തിനാണ് മത്തായിലെ ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് മുഷിഞ്ഞ് ഈ വെറും ചെലവ് എന്തിനാണ് യൂതഐസ്കര്യോത്വവും ഇതേ അഭിപ്രായക്കാരനാണ് അവൻ പിന്നെ പണത്തെക്കുറിച്ച് വളരെ വ്യക്തതയുള്ളവനായ ഇത് മുന്നൂറ് ഇത്ര വെള്ളിക്കാശിന് വിൽക്കാൻ കഴിയും അത് ഇത്ര തുകയുടെയാണ് എന്നൊക്കെ അവന് കണക്കുകൂട്ടി അവൻ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവര് ഈ കാര്യം എല്ലാം ഇവർ പറയുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്താ പറയുന്നത് കർത്താവ് പറയുന്നു സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇവൾ ചെയ്തത് അതിനോട് കൂടെ ചേർന്ന് പോകും എന്ന് പറയുന്നു മത്തായി ഇരുപത്തി ആറിൻ്റെ പതിമൂന്ന് മർക്കോസ് പതിനാലിൻ്റെ ഒൻപത് എന്നീ രണ്ടു ഭാഗങ്ങൾ നോക്കുക അവിടെ രണ്ടിടത്തും യേശു ഇവിടെ അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ പാഴാക്കല് ഈ തൈലം വെറുതെ ഉപയോഗം ഇങ്ങനെ ദേഹത്ത് പൂശികളയുന്നത് അത് മുന്നൂറിൽ ചിൽവാനും വെള്ളിക്കാശിൻ്റെത് ഇങ്ങനെ നഷ്ടമാക്കി കളയുന്നു എന്ന് ലോകവും ശിഷ്യന്മാരും ഒക്കെ പറയുമ്പോൾ കർത്താവ് അങ്ങനെയല്ല അതിനെ കാണുന്നത് കർത്താവ് പറയുന്നത് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇതും കൂടെ പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം എന്നെനിക്ക് തോന്നുന്നു അതായത് യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ചേർന്ന് ഒരു പാഴാക്കലിൻ്റെ സന്ദേശം കൂടെ പോകും നമ്മളായിരുന്നു അന്ന് അവിടെ ആ സന്ദർഭത്തിൽ ഈ ശിഷ്യന്മാരെ പോലെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താ അഭിപ്രായപ്പെട്ടേനെ നമ്മളും പലരും ഒരുപക്ഷെ പറഞ്ഞേനെ ഈ വെറുതെ എന്തിനാ ഈ തൈലം ഇങ്ങനെ ഒഴിച്ചു കളയുന്നത് ഇത് പറഞ്ഞതുപോലെ വിറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുത്തരുതായിരുന്നു ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാം പ്രയോജനപ്പെടണം എല്ലാം പ്രയോജനപ്പെടണം അല്ലാതെ ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും ഒരാൾ എന്തെങ്കിലും വെറും ചെലവ് പാഴാക്കല് നടത്തുന്നതിനെ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അംഗീകരിക്കുകയില്ല നമ്മളും ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളാൽ ട്രെയിൻഡായതുകൊണ്ട് പരിശീലനം ലഭിച്ചവരായതുകൊണ്ട് ആ ശിഷ്യന്മാരെ പോലെ പക്ഷേ നമ്മളും പറയും ഈ വെറും ചെലവ് എന്തിന് എന്നാൽ കർത്താവ് എന്താ പറയുന്നത് അല്ല അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനോടൊപ്പം എപ്പോഴും ഇവള് ചെയ്തത് ഇവളെന്താ ചെയ്തത് ഇവള് ഒരു വെറും ചെലവാണ് ചെയ്തത് അപ്പം സുവിശേഷത്തോട് യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഒരു വെറും ചെലവിൻ്റെ സന്ദേശം കൂടെ പോകുമെന്ന് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം പലരും പറയാറില്ലേ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു നല്ല സാധ്യതയുണ്ടായിരുന്നു അവൻ സുവിശേഷമെന്നുമൊക്കെ പറഞ്ഞു അല്ലേ കർത്താവെന്നൊക്കെ പറഞ്ഞു അവൻ അവൻ്റെ ജീവിതവും നഷ്ടപ്പെടുത്തി അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടമാക്കി എന്നെല്ലാം പറയാറില്ലേ അവർ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പണമുണ്ടാക്കാനും ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ്റെ തലയ്ക്ക് ഇത് എന്തോ ചില ആശയങ്ങൾ പിടിച്ചു അവൻ നസ്രായനായ യേശുവിൻ്റെ പുറകെ പോവുകയാണെന്നോ ശിഷ്യനാകുകയാണെന്നോ ഒക്കെ പറഞ്ഞ് അവൻ അവൻ്റെ ജീവിതവും അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയും ഒക്കെ തൊലയ്ക്കുന്നതായിട്ടാണ് ലോകം പലപ്പോഴും വിലയിരുത്തുന്നത് അവര് നമ്മിൽ പലരെയും നോക്കിയിട്ട് പറയും ഇവരൊക്കെ എന്തിനാണ് വെറുതെ സമയവും പാഴാക്കുന്നു പണവും ചിലവാക്കുന്നു അവരുടെ ജീവിതവും പാഴാക്കുന്നു ഈ വെറും ചെലവ് എന്തിന് പക്ഷെ കർത്താവ് എന്താ പറയുന്നത് യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം എപ്പോഴും ഇങ്ങനെ ഒരു പാഴാക്കലിൻ്റെ സന്ദേശം കൂടെ പോകണം അത് ലോകത്തിനും മനസ്സിലാവുകയില്ല പക്ഷേ കർത്താവിന് അത് മനസ്സിലാകും കർത്താവ് വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണത് യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഒരു പാഴാകലിൻ്റെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകം വെറും ചെലവെന്ന് പറയുന്ന ലോകം പാഴാകലെന്ന് പറയുന്ന ഒരു കാര്യം അത് അതോടൊപ്പം പോകും എന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ് അതുകൊണ്ട് ലോകത്തിന് ഇത് മനസ്സിലായില്ലെങ്കിലും പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇതിനായിട്ട് നമ്മുടെ ജീവിതം കൊടുക്കുകയും നമ്മുടെ സമയവും നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ലോകം അതിനെ വെറും ചെലവെന്നും പാഴാകലെന്നും പറഞ്ഞാലും കർത്താവ് ആ സ്ത്രീയെ അഭിനന്ദിച്ചതുപോലെ നമ്മളെ അഭിനന്ദിക്കും കർത്താവിൻ്റെ കണ്ണിൽ ഇത് വിലയേറിയതാണ് അവനായിട്ട് ചെയ്ത ശുശ്രൂഷയായിട്ട് അവിടുന്ന് അതിനെ എടുക്കും അതുകൊണ്ട് നമുക്കിത് ധൈര്യത്തോടെ നമുക്ക് ഈ സന്ദേശത്തിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ അവൻ്റെ പാദത്തില് പാഴാക്കി കളയാം ആ സ്ത്രീയെ യഥാർത്ഥത്തില് കർത്താവിൻ്റെ പാദത്തില് ഒരു വെൺകൽഭരണി പൊട്ടിച്ച് ആ ഭരണി പോലും സൂക്ഷിച്ചു വയ്ക്കാതെ ആ ഭരണി ഉൾപ്പെടെ കർത്താവിൻ്റെ പാദത്തിൽ തകർത്ത് കളഞ്ഞ് ആ പരിമളതലോ തൈലോ എൻ്റെ മേൽ പൂശിയ ആ സ ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിനായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിച്ച് അങ്ങനെ പോകുന്ന ലോകത്തിൻ്റെ ദൃഷ്ടിയിലൊരു പാഴാകൽ ശിഷ്യന്മാരെന്ന് പറയുന്ന ഇതിൻ്റെ സന്ദേശം വേണ്ടതുപോലെ മനസ്സിലാകാത്ത ശരാശരി ക്രിസ്തീയത പോലും അത് പാഴാകലെന്ന് പറയുമ്പോഴും നമുക്കെന്തോ ചെയ്യാൻ കഴിയും നമുക്ക് ഇത് യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതിനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം അതിൽ അങ്ങനെ ഞാൻ ജീവിതം പാഴാക്കിക്കളഞ്ഞല്ലോ എന്ന് ഖേദിക്കരുത് ദൈവം അതിൻ്റെ പിന്നിലുള്ള മനോഭാവത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് നമ്മൾ നോക്കുക ഒരാളും അതിനെ അഭിനന്ദിച്ചില്ല കണ്ടുനിന്ന ചില അതിനെ കുറ്റപ്പെടുത്തി ശിഷ്യന്മാർ അതിനെ കുറ്റപ്പെടുത്തി യൂത അതിനെ കുറ്റപ്പെടുത്തി കർത്താവ് മാത്രമാണ് അതിനെ അഭിനന്ദിച്ചത് അതുകൊണ്ട് പ്രിയരെ നമ്മളിന്ന് കർത്താവിനെ പ്രതി നമ്മുടെ ജീവിതം അവൻ്റെ പാദത്തിൽ തകർത്ത് കളഞ്ഞെങ്കിൽ അവൻ്റെ പാദത്തിൽ പാഴാക്കി കളഞ്ഞെങ്കിൽ ലോകത്തിന് മനസ്സിലാവുകയില്ല ആ ശരാശരി ക്രിസ്തീയതയ്ക്കും അത് മനസ്സിലാവുകയില്ല ശരാശരി ക്രിസ്തീയത എന്താ പറയുന്നത് ഈ ലോകത്തിലെ നേട്ടവും വേണം മരിച്ചു കഴിഞ്ഞ് സ്വർഗവും വേണം അങ്ങനെയാണ് രണ്ടിടത്തെയും നേട്ടങ്ങൾ വേണം എന്നാണ് ശരാശരി ക്രിസ്തീയത പറയുന്നത് അതുകൊണ്ട് ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് നമ്മൾ ഈ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ ടോട്ടൽ കംപ്ലീറ്റ് അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് ഒരു സറണ്ടർ നടത്തി അങ്ങനെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിനെ ആ ശരാശരി ക്രിസ്തീയതയും ഒരു പാഴാക്കലായിട്ട് കാണും എന്തിനാണ് ഇത്രയുമൊക്കെ വേണം പക്ഷെ ഇത്രയൊക്കെ വേണോ എന്നവർ ചോദിക്കും എന്നാൽ കർത്താവ് എന്ത് പറയുന്നു ഓ യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം യഥാർത്ഥ റിയലായ ഗോസ്മലിനോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ പോകണം എന്ന് കർത്താവ് തന്നെ അവിടെ പറഞ്ഞിരിക്കും ഇത് പറയുമ്പോൾ വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ദേവദാസൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സംഭവം തൻ്റെ എഗൻസ്റ്റ് ദൈഡെന്ന് പറയുന്ന തൻ്റെ ആത്മകഥാസ്പർശിയായ അനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാജ്മാൻ ഒരിക്കലെ തന്നെ സുവിശേഷീകരണത്തിനും അങ്ങനെയുള്ള കർത്താവിനായിട്ടുള്ള ജീവിതത്തിനായിട്ടും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോയി അതിനിടയ്ക്ക് തനിക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു അങ്ങനെ രോഗിയായിട്ട് ആകെ ക്ഷീണിച്ച് താനെ ഒരു പ്രാകൃതനെപ്പോലെ തൻ്റെ നാട്ടിൽ മടങ്ങിയെത്തി അവിടെ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരാള് വാച്ച്മാന്യയുടെ കൈയെ കയറി പിടിച്ചു നോക്കിയപ്പം അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സ്കൂൾ ഫൈനൽ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ് വാച്ച്മാന്യയുടെ കയ്യിൽ കയറി പിടിച്ചത് എന്നിട്ട് അധ്യാപകൻ പെട്ടെന്ന് ചോദിച്ചു നീ വാച്ച്മാന്യല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ അയ്യോ നീ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പം എന്തോ ഒരു മിടുക്കനായ പയ്യനായിരുന്നു ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു വല്യ നിലയിലൊക്കെ എത്തും വല്യ നേട്ടങ്ങൾ കൈയാളും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു നിന്നെ കുറിച്ച് പക്ഷെ നീ ഇപ്പം ഏതാണ്ട് സുവിശേഷമെന്നൊക്കെ പറഞ്ഞ് പോയി വേണ്ട ഒരു പ്രാകൃതനെ പോലെ ഒരു രോഗിയെ പോലെ വേണ്ട നടക്കുന്നു ഷോ നിനക്കിങ്ങനെ വന്നല്ലോ എന്നൊരു അധ്യാപകൻ വാജുമാനിയുടെ കൈയ്യേട് പിടിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ അവനോട് പറഞ്ഞു അത് കഴിഞ്ഞ് അധ്യാപകൻ അങ്ങ് നടന്നുപോയി നടന്നു പോയി കഴിഞ്ഞപ്പോൾ വാജുമാന്യെ എഴുതിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം കരച്ചിലാണ് ശരിയാ ഞാൻ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിലെ ഒന്നാമത്തെ കുട്ടി ഞാനായിരുന്നു ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു അധ്യാപകരൊക്കെ എനിക്ക് വലിയൊരു ഭാവി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു ഒടുവിൽ ഇപ്പം കുറേ നാൾ കഴിഞ്ഞപ്പം ആരോഗ്യവും പോയി ഒന്നും നേടിയുമില്ല ഒരു പ്രാകൃതനെപ്പോലെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കണ്ടപ്പോ അധ്യാപകൻ എന്നോട് പറയുക നീ ഇങ്ങനെ ആയി പോയല്ലോ നീ ഇങ്ങനെ പാഴായി പോയല്ലോ എന്ന് പറഞ്ഞ് സഹതീപ്പിച്ചപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണുനീരാണ് ആദ്യം വന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഈ കർത്താവിൻ്റെ പാദത്തിൽ മറിയ ആ വെണ്കൽഭരണി ഉടച്ച ആ കാര്യം എൻ്റെ മനസ്സിൽ വന്നു ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി യഥാർത്ഥ സുശേഷത്തോടൊപ്പം ഇങ്ങനെ ഒരു പാഴാകലിൻ്റെ സന്ദേശം കൂടെ പോകണം അതുകൊണ്ട് എനിക്ക് ഉറപ്പായി എൻ്റെ കണ്ണുനീര് പോയി എനിക്ക് സന്തോഷം വന്നു ലോകത്തിന് മനസ്സിലാകുകയില്ല എൻ്റെ അധ്യാപകന് മനസ്സിലാവുകയില്ല എൻ്റെ ചുറ്റുപാടുകൾക്ക് മനസ്സിലാവുകയില്ല ശരാശരി ക്രിസ്ത്യാനികൾക്കും ഈ കാര്യം മനസ്സിലാവുകയില്ല പക്ഷേ കർത്താവിന് മനസ്സിലാകും എന്നെനിക്ക് ധൈര്യം കിട്ടി ഞാൻ സന്തോഷിച്ചു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഈ ഭാഗത്ത് മ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കർത്താവ് പറയുന്നു അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറയുന്ന ആ പാകം അത് എമീ കാർമൈക്കിൾ എന്ന് പറയുന്ന ദൈവദാസിയുടെ കല്ലറയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എമീ കാർമൈക്കിളെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലുള്ള ദേവദാസികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് അവസാനം മരിച്ച് അടക്കപ്പെട്ട ഇന്ത്യയിൽ തന്നെ സംസ്കരിക്കപ്പെട്ട ഒരു ദൈവ വനിതയായിരുന്നു എമി കാർമൈക്കിൾ എമി കാർമൈക്കിളിൻ്റെ കല്ലറയിലെ കൊത്തിവെച്ചിട്ടുള്ള ആ വാക്യം എന്താണ് അവൾ തന്നാലാവത് ചെയ്തു ഷീ ഡിഡ് വാട്ട് അവളെ കൊണ്ട് ചെയ്യാവുന്നത് അവൾ ചെയ്തു കർത്താവിനായിട്ട് അവൾ ഇറങ്ങി തന്നെ കൊണ്ടാകുന്നത് ചെയ്തു അവസാനം ആരും അറിയപ്പെടാതെ മരിച്ചു പക്ഷേ കർത്താവ് അവളെ അഭിനന്ദിക്കും പ്രിയപ്പെട്ടവരെ നമ്മളും പലർക്കും നമ്മളെ മനസ്സിലാകുന്നില്ല പക്ഷേ കർത്താവിന് നമ്മളെ മനസ്സിലാകും ആ ഒരു ധൈര്യം നമുക്ക് ഈ വാക്യങ്ങൾ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ കർത്താവിന് മനസ്സിലാകും എന്നുള്ള നിലയിൽ ഈ പാഴാകലിനെ കർത്താവ് അഭിനന്ദിക്കും എന്നുള്ള നിലയിൽ നമ്മൾ എടുത്ത ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അവിടെ നമ്മൾ നോക്കുക ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ തന്നെ മത്തായി എഴുതിയ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ അദ്ധ്യായത്തിൽ തന്നെ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഈ ഈ പാദത്തിലെ ഈ മുന്നൂറ് വെള്ളിക്കാശിൻ്റെ ഈ തൈലം അങ്ങനെ കർത്താവിനെ പൂശി അങ്ങനെ വെൺകൽപ്പരണി ഉടച്ചു കളഞ്ഞ ആ സന്ദർഭമൊക്കെ കഴിഞ്ഞപ്പം പന്തിരുവരിൽ ഒരുത്തനായ യൂത ഇസ്കരിയുവാത്താവ് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ മുപ്പത് വെള്ളിക്കാശിന് പറഞ്ഞൊക്കുന്നത് എന്ന ഈ സംഭവം നടന്ന അന്ന് തന്നെ ഇരുപത്തിയാറിൻ്റെ പതിനാല് നോക്കുക അന്ന് പന്തിരുവരിൽ ഒരുത്തനായി സ്ക്രിയോത്ത യുവത അപ്പം അവിടെ നിന്ന് നേരത്തെ കണക്കൊക്കെ കൂട്ടി എന്നിട്ട് അവൻ വിചാരിച്ചു ആ മുന്നൂറ് വെള്ളിക്കാശിനിത് തകർന്നെങ്കിൽ അതിൻ്റെ പത്തിലൊന്ന് കിട്ടിയാലും ഞാനിവനെ ഒറ്റി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അവൻ പോയി കാര്യങ്ങൾ ആ നിലയിൽ ക്രമീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവനെന്തു പറ്റി കർത്താവിനെ ഈ യേശുവിനെ മഹാപുരോഹിതന്മാരെ പിടിച്ച് ആ നിലയിലെ പീലാത്തോസിനെ ഏൽപ്പിച്ചപ്പോൾ ഏൽപ്പിച്ച് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചെന്ന് കണ്ടപ്പം ഇവനെന്തു പറ്റി ഇവൻ വന്ന് മഹാപുരോഹിതന്മാരുടെ അടുത്ത് ആ മുപ്പത് വെള്ളിക്കാഴ്ച കൊണ്ടുവന്ന് മടക്കി കൊടുത്തു അവനൊരു കുറ്റബോധമുണ്ടായി പക്ഷേ ആ കുറ്റബോധവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാതെ മഹാപുരോഹിതന്മാരുടെ അടുക്കലാണ് ചെന്നത് അതുപോലെ തന്നെ ഈ മുപ്പത് വെള്ളിക്കാശ്ശെന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു കാര്യമല്ല അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു അടിമയുടെ വിലയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്നു ഒരു അടിമയെ ഒരു ദാസനെ ഒരു കാള വലിയ ആ അടിമയുടെ ഉടമസ്ഥന് കാളയുടെ ഉടമസ്ഥൻ എന്ത് വേണം മുപ്പത് വെള്ളി കൊടുക്കണം അപ്പൊ ഒരു ദാസന്റെ വിലയാണ് ഒരു ദാസന്റെ ഒരു അടിമയുടെ ജീവന്റെ വിലയാണ് ഈ കർത്താവിന് വില മതിച്ചത് നമ്മൾ നോക്കുക കാള കുത്തി കൊന്നു ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കർത്താവിൻ്റെ കഷ്ടാനുഭവ സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്ന ഒരു കൊച്ചു വാക്യമുണ്ട് അത് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അനേകം കാളുകൾ വളഞ്ഞു ബാശാൻ ചുറ്റിയിരിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് അപ്പോൾ ഒരു അടിമ കാളകുത്തി കൊന്നാൽ കൊടുക്കേണ്ട വിലയാണ് കർത്താവിന് വിലമതിച്ചത് സക്കരിയാവിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലും നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട് എന്താ കർത്താവിന് മുപ്പത് വെള്ളിയാണ് വിലമതിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ തന്നെ യൂതാജ് എന്ന മുപ്പത് വെള്ളിക്ക് കർത്താവിനെ ഉറ്റിക്കൊടുത്തു ഒടുവിൽ അവന് പശ്ചാത്താപം ഉണ്ടായി പക്ഷേ പശ്ചാത്താപം ഉണ്ടായപ്പോൾ അവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ കർത്താവ് ക്ഷമിക്കുമായിരുന്നു കാരണം പത്രോസ് ഇതിനേക്കാൾ കർത്താവിനെ പ്രാകുകയും ആണയിടുകയും ഒക്കെ ചെയ്ത് മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോ പത്രോസ് ആ മഹാപുരോഹിതന്മാരുടെ അടുത്ത് പോയി പശ്ചാത്തലപിക്കാൻ പോയില്ല മറിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു പത്രോസ് പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ ആ പാളിച്ച നമുക്കറിയാം ഒരുപക്ഷെ യൂതായേക്കാൾ കടന്ന കൈയ്യാണ് പത്രോസ് ചെയ്തത് പക്ഷേ പത്രോസ് കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു അതുകൊണ്ട് നമ്മുടെ പരാജയങ്ങളുമായിട്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് തന്നെ ചെല്ലാം കർത്താവ് അത് ക്ഷമിക്കും ഈ പുരോഹിതന്മാരുടെ അടുക്കൽ പോകാതെ നേരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ കർത്താവ് അത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു പാഠമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിലയിലെ കർത്താവിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അതിനെ മറക്കുകയും ചെയ്ത് കർത്താവ് പിന്നീട് പത്രോസിനെ കണ്ടുമുട്ടിയപ്പം പഴയ കാര്യം ഒന്നും ഓർപ്പിക്കുന്നില്ല നീ എന്നെ അന്ന് തള്ളി എന്നൊന്നും പറയുന്നില്ല കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്ന കർത്താവാണ് അതുകൊണ്ട് നമ്മുടെ പോരായ്മകളുമായിട്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം കർത്താവിന് നമ്മളെ മനസ്സിലാകും പ്രിയമുള്ളവരെ മൊത്തായി ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തെട്ടാം അധ്യായത്തിൽ പുനരുത്ഥാനമാണ് ശപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അവസാന അധ്യായമായ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് കർത്താവായ യേശു മരണം എന്ന് പറയുമ്പോൾ അത് നമ്മളുൾപ്പെടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവ് മരിച്ചു അങ്ങനെ ഒരു കാര്യം മറ്റൊരു മതങ്ങളിൽ നമ്മൾ കാണുന്നില്ല ഇവിടെ ഇതാ ഈ കർത്താവിൻ്റെ മരണം അതുകൊണ്ട് തന്നെ മറ്റെല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുനരുത്ഥാനവും ആ നിലയിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതായത് കർത്താവായ യേശു മരണം കൊണ്ട് മാത്രം നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിനായിട്ടുള്ള മരണം കൊണ്ട് മാത്രം ആ അധ്യായം അങ്ങ് ആ കാര്യങ്ങളങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നില്ല പുനരുത്ഥാനം മൂലം രണ്ട് കാര്യങ്ങളാണ് ആ നിലയിൽ വരുന്നത് മരണവും പുനരുദ്ധാനവും ഈ രണ്ടടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ വിശ്വാസം മുഴുവൻ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് മരിച്ചു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു കർത്താവിൻ്റെ പുനരുദ്ധാനം ഇല്ലെങ്കിൽ മരണം വ്യർത്ഥമാണ് കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം കർത്താവ് പുനരുദ്ധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ആ പുനരുദ്ധാനം നടന്നില്ലായിരുന്നെങ്കിൽ ആ മരണം വ്യർത്ഥമായി പോകുമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും അതുപോലെ തന്നെ ആ പുനരുത്ഥാനം കൊണ്ടാണ് താന് ദൈവപുത്രൻ എന്നുള്ളതിന് ഒരു തെളിവായിട്ട് ആ കാര്യമാണ് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ് കർത്താവായ യേശു മരണവും കർത്താവായ യേശു പുനരുത്ഥാനവും ഈ രണ്ട് അടിസ്ഥാനത്തിന്മേലാണ് ക്രിസ്തീയ വിശ്വാസം മുഴുവനെ കെട്ടി മറ്റൊരിടത്തും ഈ കാര്യങ്ങളെ ഇല്ല ഇത് രണ്ടും മറ്റെല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കേവലം നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിനായിട്ട് മരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ അതും ശരിയാകുമായിരുന്നില്ല കാരണം കർത്താവ് എപ്പോഴും മരണത്തോട് ചേർത്ത് തന്നെ പറയുമായിരുന്നു അതുകൊണ്ട് പുന പു ആ മരണം വ്യർത്ഥമാണ് എന്ന് വ്യാഖ്യാനിച്ച് ആ നിലയിലെ ക്രിസ്തീയതയെ ചെറുതാക്കി കാണിക്കാൻ ചിലർക്ക് കഴിയുമായിരുന്നു എന്നാൽ കർത്താവ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അവിടുന്ന് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയല്ല ആ പുനരുത്ഥാനം മൂലം ആ ഉയർത്തെഴുന്നേൽപ്പ് മൂലം താന് ദൈവപുത്രനാണ് എന്നുള്ള കാര്യമാണ് ഉറപ്പിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് സംബന്ധിച്ച് താൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് താൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത് ഈ അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ അതിൻ്റെ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഒരു വിടവാങ്ങൽ നടത്തുന്ന കാര്യം താന് സ്വർഗത്തിലേക്ക് കരറിപ്പോകുന്നതിന് മുമ്പ് അവർക്ക് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ് വളരെ പ്രസിദ്ധമായ ആ ഭാഗമാണ് നമ്മളെ കാണുന്നത് ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നോക്കുക യേശു അടുത്തുചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകേലെ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറി ചെയ്തു ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഇവർക്കൊരു നിയോഗം നൽകുകയാണ് ഒരു ഗ്രേറ്റ് കമാൻമെൻ്റ് മഹാനിയോഗം എന്ന് വിവരിക്കുന്ന ആ കാര്യം നൽകുകയാണ് എന്താണ് നിങ്ങളെ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് ആ കർത്താവ് ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് നമുക്ക് എല്ലാം എല്ലാ കാലത്തുമുള്ളവർക്ക് തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള ആ മഹാനിയോഗം മഹതായ നിയോഗം ഇവിടെ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ അവിടെ നമ്മൾ മലയാളത്തിൽ ഈ ഈ വാക്യം ശരിയായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അതിനു ശേഷമാണ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ പറയുന്നതും അതിനു ശേഷമാണ് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറയുന്നതും ഈ വാക്യം വായിച്ചാൽ അങ്ങനെ തോന്നും അപ്പോൾ ആദ്യം എന്ത് വേണം ആദ്യം സ്നാനപ്പെടുത്തണം പിന്നാണ് ഉപദേശിക്കുകയും ശിഷ്യരാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് തോന്നും ഈ വാക്യം ചില ശിശു നടത്തുന്ന ചില സഭകൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഈ വാക്യം ഉദ്ധരിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആദ്യം എന്ത് ചെയ്താൽ മതി ആദ്യം സ്നാനമാണ് നടക്കേണ്ടത് സ്നാനം കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പിന്നീട് അവരെ ശിക്ഷരാക്കിയാൽ മതി എന്നുള്ള നിലയിലാണ് അവരിൽ പലരും ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത് മലയാളത്തിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മളും ചിലപ്പോഴങ്ങനെ അത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല നമ്മളെ ഇംഗ്ലീഷിലായാലും അല്ലെങ്കിൽ മൂലഭാഷയിലാണെങ്കിലും നമ്മൾ കാണുന്നത് അതിൻ്റെ ശരിയായ തർജ്ജമായി ഈ നിലയിലാണ് ഞാനത് പറയാം അത് പുതിയ മലയാളം പുതിയ ആധുനിക വിവർത്തനത്തിൽ ശരിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ആധുനിക വിവർത്തനത്തിൽ നിന്ന് ഞാൻ വായിക്കാം അത് ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യന്മാരാക്കുക അപ്പോൾ പോയിട്ട് ആദ്യം തന്നെ ശിഷ്യന്മാരാക്കുക അതിനു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം സ്നാപനം ചെയ്യുകയും ഞാൻ നിങ്ങളോട് ആ ആജ്ഞാപിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണം അപ്പൊ കണ്ടോ ഇതിൻ്റെ ആ തുടർച്ച കണ്ടോ ആദ്യമേ എല്ലാവരെയും ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുക അതിനു സ്നാനപ്പെടുത്തുക തുടർന്നും അവരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കർത്താവിൻ്റെ കല്പന അല്ലാതെ സ്നാനപ്പെടുത്തുക അതിനുശേഷം മതി പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ശിഷ്യരാക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ മതി എന്നു വന്നാൽ അത് ശിശു അവർക്ക് അനുകൂലമായ ഒരു വാക്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല എന്താ വേണ്ടത് എല്ലാവരെയും ഈ കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും അവർ ശിഷ്യരാവുകയും ചെയ്തതിന് ശേഷമാണ് സ്നാനം നടത്തേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ എന്തെങ്കിലും അവർക്കൊരു വൈകാരികമായ ഒരു ഇളക്കം മൂലം അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്താത്തത് അവരെ ഒന്നാമത് പഠിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ശിഷ്യന്മാരായി ശിഷ്യന്മാരാകുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവരെ ശിഷ്യത്വത്തിൻ്റെ ആ മൂന്ന് പടികളും പൂർണ്ണമായ അർത്ഥത്തിൽ കയറിക്കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് പക്ഷേ ഈ ശിഷ്യരാകുക എന്ന് പറഞ്ഞത് സ്നാനപ്പെടുന്നത് പോലെ ഒരിക്കലായിട്ട് പെട്ടെന്ന് പ്രവേശിക്കുന്ന ഒരു പടിയല്ല ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് വരുന്നതാണ് അതൊരു പ്രോസസ്സാണ് എന്നാൽ ഒരു ശിഷ്യനാകാൻ മനസ്സ് വയ്ക്കുകയും ദൈവോചനം ആ നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമാണ് സ്നാനപ്പെടുത്തേണ്ടത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക തുടർന്നും അവരെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ദൈവം നൽകിയിട്ടുള്ള കല്പന അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കഴിഞ്ഞല്ല ശിഷ്യത്വമാകട്ടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകട്ടെ കർത്താവിനോടുള്ള ബന്ധമാകട്ടെ വരുന്നത് മറിച്ച് ശിഷ്യരായ ശേഷം അല്ലെങ്കിൽ അതിനായിട്ട് സമർപ്പിതരായ ശേഷമാണ് സ്നാനപ്പെടുത്തേണ്ടത് അതാണ് നമ്മളെപ്പോലുള്ള പുതിയ നിയമസഭകൾ ചെയ്യുന്ന കാര്യം ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ കർത്താവ് ഇവർക്കൊരു മഹാനിയോഗം നൽകുമ്പോൾ അവിടെ അതിന് തൊട്ട് മുകളിലും അതിന് തൊട്ട് താഴെയും രണ്ട് ഒരു പ്രഖ്യാപനവും ഒരു വാഗ്ദാനവും നടത്തുന്നുണ്ട് അതിൻ്റെ മുകളിൽ നടത്തുന്ന പ്രഖ്യാപനം എന്താ ആ പ്രഖ്യാപനം പതിനെട്ടാമത്തെ വാക്യം സ്വർഗത്തിലും ഭൂമിയിലും സകയിലെ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ പ്രഖ്യാപനം ഒടുവിലായിട്ട് കൊടുത്തേക്കുന്ന വാഗ്ദാനം എന്താ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എല്ലാ നാളുമെന്നുള്ളതിന് ചില നമ്മളെ ചില ട്രാൻസ്ലേഷനുകളിൽ ഓരോ നാളും എന്നാണ് അപ്പം കണ്ടോ മുകളിലും താഴെയും നമുക്ക് ധൈര്യം തരുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് നിങ്ങൾ പോയി ആ നിലയിലെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തി എന്ന മഹാനിയോഗം നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സകല അടുക്കലേക്ക് പോകുന്നവർക്ക് പേടി വേണ്ട കാരണം എന്താ സകയിലെ അധികാരവും ആർക്കാണ് കർത്താവിനാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തുണ്ട് യോഗാവസാനത്തോളം ഓരോ ഈ രണ്ട് കാര്യത്തിനിടയിൽ സാന്ഡ്വിച്ച് പോലെ ഇതിൻ്റെ ഇടയിലാണ് ആ മഹാനിയോഗം തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് വലിയ ഉറപ്പോടെ ആയിരിക്കാം ഈ പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ നമ്മൾ ശിഷ്യരായി മുന്നോട്ട് പോകാനായിട്ടും ഈ സത്യത്തിനായിട്ട് നിലകൊള്ളാനായിട്ട് നമ്മളെ കർത്താവ് നിയോഗിക്കുമ്പോ തന്നെ അവിടെ നിന്ന് നമ്മളോട് പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകേലാധികാരവും എല്ലാ അധികാരവും കർത്താവിന് തന്നെയാണ് അതുപോലെ ഇങ്ങനെയുള്ള കർത്താവ് ഓരോ ദിവസവും നമ്മോടുകൂടെയുണ്ട് ഇതിൽപ്പരം നമുക്ക് എന്ത് വേണം നമുക്ക് വളരെ ധൈര്യത്തോടെ ആയിരിക്കാം നമ്മുടെ കർത്താവിനാണ് സകേലെ അധികാരവും സ്വർഗ്ഗത്തിലും ഭൂമിയിലും നൽകപ്പെട്ടിരിക്കുന്നത് അതുപോലെ അങ്ങനെയുള്ള കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് കർത്താവ് വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറാത്തവനാണ് അങ്ങനെയുള്ള കർത്താവ് നമ്മളോട് വാക്ക് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ മുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ശിഷ്യരായി അവിടുത്തെ മീ മഹാനിയോഗമേറ്റുവാങ്ങി മുന്നോട്ട് നമ്മുടെ ജീവിതം തുടരാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ